ം ഞാനല്ല ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകളുണ്ട് ജാഗ്രത അവസ്ഥയിൽ ശരീരമുണ്ട് മനസ്സുമുണ്ട് അല്ലെ ഇപ്പോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദേഹമുണ്ട് മനസ്സുണ്ട് ഞാനുണ്ട് ഞാൻ ജീവനോടെ ഇരിക്കും സ്വപ്നാവസ്ഥയിൽ ശരീരമില്ല മനസ്സു മാത്രം പ്രവർത്തിക്കുന്നു ഞാനുണ്ട് സുഖമായി ഉറങ്ങി എന്ന് പറയുന്ന സുഷുപ്തി അവസ്ഥയിൽ ദേഹവുമില്ല മനസ്സുമില്ല പക്ഷെ ഞാനുണ്ട് ഈ വ്യക്തിബോധമായ ഞാനില്ല ഈ ഇൻഡിവിജ്വാലിറ്റി അവിടെ ഇല്ല പക്ഷേ ജീവനുണ്ടോ ഇല്ലയോ സുഖമായി ഉറങ്ങി എന്ന് പറയുന്നു അസ്തിത്വം എക്സിസ്റ്റൻസ് ഞാനുണ്ട് അപ്പൊ ആചാര്യസ്വാമി പറയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ സുഷുപ്തിയേക സിദ്ധ സുഷുപ്തിയിൽ ഏതൊന്ന് സിദ്ധിക്കുന്നുവോ ഞാൻ എന്നുള്ളതിന്റെ ഉണ്മയായ പൊരുൾ ഞാൻ ഞാൻ എന്ന് എല്ലാവരും പറയുന്നു പക്ഷെ ഈ ഞാൻ എന്താണ് യഥാർത്ഥത്തിൽ ഈ ശരീരമാണോ മനസ്സാണോ ബുദ്ധിയാണോ അഹങ്കാരമാണോ ഇതൊക്കെയാണെങ്കിൽ ഈ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഈ അഹങ്കാരമോ സുഷുപ്തി അവസ്ഥയിലില്ല ദിവസം നമ്മളുടെ അനുഭവമാണ് നമ്മൾ സുഖമായി ഉറങ്ങുമ്പോ സ്വപ്നം പോലും ഇല്ലാത്ത ഉറക്കത്തിൽ എന്തുണ്ടായിരുന്നു ഒരു സാധന ചെയ്യ ദിവസം ഉറങ്ങി എഴുന്നേറ്റിട്ട് നല്ല ഉറക്കമുള്ള ദിവസമാണെങ്കിൽ ഉറങ്ങി എണീറ്റ ഉടനെ ഒരു പ്ലാ എഴുതി വയ്ക്കാൻ മുമ്പില് കുറച്ചു നേരം ചിന്തിക്കണം എന്താ ചിന്തിക്കേണ്ടത് കുറച്ചു നേരം മുമ്പ് ഞാൻ എവിടെയായിരുന്നു ആലോചിച്ചു നോക്കുമ്പോ ഇതൊരു സാധനയാണോ കുറച്ചു ദിവസം ചെയ്യേണ്ടതാണ് ദനോൺ യു വിൽ ഹാവ് ഇൻട്രോവെർഷൻ അല്ലാതെ ഈ പ്രഭാഷണം കേട്ട് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാ പോരാ നമ്മളുടെ ഉള്ളിൽ നോക്കാൻ ഒരു വഴിയാണ് ഉറങ്ങി എഴുന്നേറ്റ് കുറച്ചു നേരം ഇരുന്നു കുറച്ചു നേരം മുമ്പ് ഞാൻ എവിടെയായിരുന്നു അപ്പൊ കുറച്ചു നേരം മുമ്പ് ഞാൻ പുരുഷനായിരുന്നില്ല സ്ത്രീ ആയിരുന്നില്ല എനിക്ക് ഇഷ്ടാനിഷ്ടങ്ങളില്ല സന്തോഷ സന്താപങ്ങളില്ല ഞാനൊരു വ്യക്തിയായിട്ട് ഒരു ഇൻഡിവിജ്വലായിട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ സുഖമായിരുന്നു തോന്നുന്നു സുഖമായി എണീക്കാനേ തോന്നിയില്ല സുഖമായിരുന്നു അവിടെ എന്തുണ്ടായിരുന്നു ഈ ഞാൻ എന്നുള്ള വ്യക്തിത്വമില്ല പിന്നെതുണ്ടായിരുന്നു എന്തോ ഉണ്ടായിരുന്നു അല്ലെ ഒന്നുമില്ല എന്ന് പറയാൻ പറ്റുമോ ഒന്നുമില്ല എന്ന് ആര് കണ്ടു സുഖമായിരുന്നു ആ സുഖം ആര് കണ്ടു സുഖത്തിനെ ആര് കണ്ടു ആ സുഷുബ്ധിയവസ്ഥയിലുള്ള സുഖത്തിനെ ആരനുഭവിച്ചു ഏറ്റവും വലിയ വിഷമം വേതനമുണ്ടായ ദിവസം പോലും നമുക്ക് പ്രിയപ്പെട്ടവർ മരിച്ചുപോയ ദിവസമാണെങ്കിൽ പോലും ക്ഷീണിച്ച് കരഞ്ഞു കരഞ്ഞു ഉറഞ്ഞു പോയാൽ ഉറക്കത്തിന് സുഖം ശരീരം മുറിഞ്ഞാൽ പോലും കൈകാലുകൾ വെട്ടിയിട്ടാൽ പോലും ഉറങ്ങിപ്പോയാൽ അറിയില്ല ദേഹത്തിനോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു അപ്പൊ അവിടെ എന്തൊന്നും ഉണ്ടോ അതെന്റെ യഥാർത്ഥ സ്വരൂപമാണ് പക്ഷെ അതും പറഞ്ഞു ഉറങ്ങിയാ മതിയോ അല്ല ഈ ജാഗ്രത അവസ്ഥയിൽ ഉണർന്നിരിക്കുമ്പോൾ അതിനെ ഞാൻ കണ്ടെത്തണം ഏതൊന്ന് മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കുമൊക്കെ അതീതമോ ഏതൊന്ന് ശരീരവും മനസ്സുമൊക്കെ പ്രവർത്തിക്കുമ്പോഴും ശരീരം മനസ്സുമൊക്കെ പ്രവർത്തിക്കാത്തപ്പോഴും ഉണ്ടോ അത് യഥാർത്ഥ സ്വരൂപമാണ് അതാണ് യഥാർത്ഥമായ ഞാൻ ഈ വ്യക്തിബോധമായ ഞാനല്ല സത്തയായ ഞാൻ സത്താമാത്ര ശരീരം ഭാഗവതത്തിൽ കൃഷ്ണൻ ജനിച്ചപ്പോ ദേവകി പറയുന്നു സത്താമാത്രം നിർവിശേഷം നിരീഹം സത്ത മാത്രം ഉണ്ട് എന്നുള്ള കേവല അനുഭവം അത്രേ പറയാൻ പറ്റുള്ളൂ അത് പെണ്ണല്ല വ്യക്തിയല്ല ഉണ്ട് എന്നുള്ള അനുഭവം അപ്പൊ ആ സുഷുപ്തിയകസിദ്ധനായ ശിവം ആണ് ശിവൻ അല്ല ശിവൻ എന്ന് വെച്ചാൽ നമുക്ക് ഉടനെ ജടാധാരിയായി തൃശൂലധാരിയായിട്ടൊരു രൂപം മുമ്പിൽ ഇത് ശിവം ശിവ കേവലോഹം അശിവം ഞാനാണ് ശുദ്ധമായ ശിവം പ്രജ്ഞ ബോധം അതാണ് ഞാൻ അതാണ് എന്റെ യഥാർത്ഥ സ്വരൂപം അതൊരിക്കലും നഷ്ടമാവാത്തതാണ് ഈ നിർവഹണ ഷഡ്കം ഈ ആറ് ശ്ലോകം ആചാര്യസ്വാമികൾ ഏതോ ഒരു ശിഷ്യന് ഉപദേശിച്ചതാണ് ശങ്കരാചാര്യസ്വാമികളുടെ കൃതികളൊക്കെ തന്നെ ആർക്കെങ്കിലും വേണ്ടി ഉപദേശിക്കാനായിട്ടാണ് സ്തോത്രങ്ങളൊക്കെ ഏതെങ്കിലും ദിവ്യക്ഷേത്രങ്ങളിൽ വെച്ച് എഴുതപ്പെട്ടതാണ് പ്രകരണ ഗ്രന്ഥങ്ങൾ വിവേക ചൂടാമണി ആത്മബോധം തത്വബോധം ഇതൊക്കെ ഓരോ ശിഷ്യന്മാർക്കായിട്ട് ഉപദേശിച്ചതാണ് ഇത് ഒരു ശിഷ്യൻ പലവട്ടം ആചാര്യസ്വാമികളോട് എനിക്ക് ബ്രഹ്മോപദേശം ചെയ്യൂ എന്ന് പറഞ്ഞു എന്താണ് ഈ ബ്രഹ്മം ബ്രഹ്മത്തിനെ എങ്ങനെ അറിയാം എനിക്ക് ഉപദേശിക്കൂ ആചാര്യസ്വാമികൾ ഒന്നും പറഞ്ഞുകൊടുത്തില്ല ഒരു ദിവസം ഈ ശിഷ്യൻ ആചാര്യസ്വാമികൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുട്ടില് ആചാര്യരെ ഒരിടത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു ഇരുട്ടില് ഈ ശിഷ്യൻ വന്നു കാൽപെരുമാറ്റം കേട്ടതും തിരിഞ്ഞുനോക്കാതെ ശങ്കരൻ ചോദിച്ചു ആരാണ് ഞാൻ ഞാനോ ആരാ അങ്ങനെ വെച്ചാ ആരാ െ എന്ന് പറഞ്ഞു അത്ര ഞാൻ തന്നെ നമുക്ക് പരസ്പരം അറിയുമെങ്കിൽ രണ്ടുപേര് ഇരുട്ടിലിരിക്കുകയാണെങ്കിൽ എന്ത് പറയും ഇരുളിലിരിപ്പവനാരു ചൊൽകനീയെന്നൊരുവനുരപ്പതുകെട്ടു താനുമേവം അറിവതിനായി അവനോട് ഓതും പ്രതിവാക്യം ഏകമാകും എന്നാണ് രണ്ടുപേര് ഇരുട്ടിലിരിക്കണു രണ്ടുപേർക്കും ഞാനുണ്ടെന്നറിയാം സംശയമേ വരില്ല അല്ലെ മറ്റുള്ളവരുണ്ടോ ഇല്ലയോ സംശയം വരും പക്ഷെ അവനവനോ ഉണ്ടോ ഇല്ലയോ സംശയമേ ഇല്ലയോ ഉറപ്പുണ്ട് അടുത്ത് മറ്റൊരാളിരിക്കണു ആരാണ് രണ്ടുപേരും പരിചയമുള്ള ആളാണ് എല്ലാവർക്കും ഒരേ പേരേ ഉള്ളൂ ഞാൻ എന്നുള്ള പേര് പിന്നെ ഒരു ഞാനിനെ മറ്റൊരു ഞാനിൽ നിന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് രാമൻ കൃഷ്ണൻ സീത രാധ പേരൊക്കെ മാറ്റി പറയും അപ്പോ നീ ആര് ഞാൻ തന്നെ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ പ്രതിവാക്യം ഏകമാകും രണ്ടുപേർക്കും പറയാനുള്ളത് ഉള്ളൂ ഈ ശിഷ്യനോട് ചോദിച്ചു ാണ് ഞാൻ ഞാൻ എന്ന് വെച്ചാൽ ഞാൻ തന്നെ ഉറപ്പിച്ചു ഞാൻ തന്നെ അയാം ഐ ആൻഡ് അയാം വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ് എന്തായി ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചിട്ട് എന്തായി ഞാൻ തന്നെ എന്ന് തിരിഞ്ഞേ നോക്കിയില്ലാതെ ഇരുന്ന ഇരുപ്പിൽ എന്തായി ഞാൻ തന്നെ എന്തായി ഞാൻ തന്നെ എന്ന് ചോദിച്ചതും ഈ പുറകെ ഇരുട്ടിൽ നിൽക്കുന്ന ആള് ഈ ഞാൻ തന്നെ എന്നുള്ള അനുഭവത്തിനെ ഒന്ന് ശ്രദ്ധിച്ചു ആഹാ ആത്മാവിനെ അന്വേഷിക്കണം ബ്രഹ്മത്തിനെ അന്വേഷിക്കണം ഈശ്വരനെ അന്വേഷിക്കണം ഈ അന്വേഷിക്കണവനെ ഇത്ര കാലം അന്വേഷിച്ചില്ലല്ലോ അന്വേഷിക്കണവൻ ഇവിടെ സിദ്ധിച്ചിരിക്കും ആരാണോ ചോദിച്ചപ്പോ ഞാനാണോ എന്ന് പറഞ്ഞു ഞാനാണോ ഇവിടെ ഒരു സെന്റർ എന്ന് ധ്വനി പൊന്തി അല്ലെ ഞാനാണ് എന്ന് പറഞ്ഞ് കാലുനിന്ന് പൊന്തിയില്ല ശബ്ദം ഞാനാണ് എന്ന് പറഞ്ഞ് തലയിൽ നിന്ന് പൊന്തിയില്ല ഞാനാണ് എന്ന് പറഞ്ഞ് എന്റെ മുമ്പിലിരിക്കുന്ന ഏതെങ്കിലും വസ്തുവിൽ നിന്ന് പൊന്തിയില്ല ഒരു സെന്ററിൽ നിന്നും ഞാനാണ് ഞാനോ അതാരാ ഞാൻ തന്നെ ഏതോ കേന്ദ്രത്തിൽ നിന്നും ഈ ധ്വനി പൊന്തുന്നു അപ്പൊ ഈ ഞാൻ തന്നെ എന്താണ് എന്ന് ആചാര്യസ്വാമികൾ ചോദിച്ചു കസ്ത്വം കോഹം കുത ആയാതാ കാ തേജനനി नलव चिंका नव विमर्शन चे आर नी या शिष्यन कुरम आस्ुने श्रद्धि अद्भुत तेजु आश्चर्य വും അടുത്തുള്ള വസ്തുവിനെ നമ്മൾ ശ്രദ്ധിക്കാതെ എവിടെവിടെയോ ഉള്ള വസ്തുക്കളെയൊക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കണം ഇരണ്ണേ കശിപ്പു ഭഗവാനെ വൈകുണ്ഠത്തിൽ അന്വേഷിച്ചു പാതാളത്തിൽ അന്വേഷിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞു ബഹിർദൃഷ്ടിയായ അവന്റെ അന്തർഹൃദയത്തിൽ തന്നെ ഇരിക്കുന്ന പൊരുളിനെ അന്വേഷിച്ചില്ല അവനിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നു തന്നിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന വസ്തുവിനെ അന്വേഷിച്ചില്ല പുറത്തെല്ലായിടത്തും അന്വേഷിച്ചു നടന്നു അപ്പോ ഇവിടെ അന്വേഷിച്ചു നോക്കുന്നു ഇതിൽ മാധവൻ രാമാനുജൻ ശങ്കരൻ ഒന്നുമില്ല എല്ലാവർക്കും സമ്മതമുള്ള ഒരു കാര്യമുണ്ട് ആത്മസാക്ഷാത്കാരം മാധവനായാലും രാമാനുജനായാലും ശങ്കരനായാലും മൂന്നുപേർക്ക് ഒരു കാര്യത്തിൽ സമ്മതമുണ്ട് ആത്മസാക്ഷാത്കാരം നേടണം ആത്മസാക്ഷാത്കാരം നേടിയ ശേഷം അദ്വൈതമാണോ വിശിഷ്ടാദ്വൈതമാണോ ദ്വൈതമാണോ എന്നുള്ളതിലെ ചണ്ടയും മണ്ടതല്ലി പൊട്ടിക്കലുമൊക്കെ ഉള്ളു ആത്മസാക്ഷാത്കാരം എല്ലാവർക്കും തുല്യം അവിടെ ദ്വൈതം അദ്വൈതം വിശിഷ്ടാദ്വൈതം എന്ന് അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് നോക്കാം ആദ്യം ഈ മൂന്നാചാര്യന്മാർ ഇനി എത്ര ആചാര്യന്മാരുണ്ടോ എല്ലാവർക്കും ഈ കാര്യത്തിൽ സമ്മതമാണ് എല്ലാ സമ്പ്രദായക്കാരും പറയുന്നു തന്നെ അറിയാം തന്നെ അറിഞ്ഞിട്ട് പിന്നെ ഭേദമുണ്ടാവൂ അഭേദമാണോ വിശിഷ്ടമായ ഭേദമാണോ അല്പസ്വല്പം ഭേദമാണോ അതൊക്കെ ഈ ഇന്റലക്റ്റ് കൊണ്ട് ബുദ്ധി കൊണ്ട് പരമസത്യത്തിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ വരുന്ന കുഴപ്പമാണ് അനുഭവത്തിൽ വ്യത്യാസമൊന്നുമില്ല പക്ഷെ അതിനെ വ്യാഖ്യാനം ചെയ്യുമ്പോൾ ഓരോരുത്തർ അവരവർക്ക് സൌകര്യം പോലെയൊക്കെ വ്യാഖ്യാനം ചെയ്യുന്നു മാധ്വാചാര്യരുടെയോ രാമാനുജാചാര്യരുടെയോ ഒക്കെ സമ്പ്രദായത്തിൽ എനിക്ക് നോക്കിയിട്ട് ഒരു കാര്യം പിടികിട്ടിയത് ഇവർക്കൊക്കെ അദ്വൈതത്തിനെ എതിർക്കാനുള്ള ബുദ്ധി തോന്നാൻ കാരണം ഇവരൊക്കെ അദ്വൈതം ഓരോ പണ്ഡിതന്മാരുടെ അടുത്ത് പോയി പഠിച്ചു ഇവരാരും അനുഭവശാലികളുടെ അടുത്ത് പോയി പഠിച്ചവരല്ല രാമാനുജൻ പഠിച്ച ഒരു പണ്ഡിതന്റെ അടുത്താണ് ഒരു ജ്ഞാനീടെ അടുത്തോ ഒരു യതി സർവ്വസംഗ പരിത്യാഗിയായി സ്വാനുഭവസമ്പന്നനായി യതിയുടെ അടുത്തല്ല പഠിച്ചത് അപ്പൊ അവര് പണ്ഡിതന്മാര് അവർക്കറിയുന്ന ബുദ്ധിയുടെ തലത്ത് നിന്ന് വ്യാഖ്യാനിച്ചപ്പോ രാമാനുജനും സ്വീകരിക്കാൻ പറ്റിയില്ല ഇതെങ്ങനെ ശരിയാവും അപ്പോ അദ്ദേഹത്തിന് സൌകര്യത്തിന് അദ്ദേഹത്തിന് വിശിഷ്ടാദ്വൈതം ഉണ്ടാക്കേണ്ടി വരും പഠിച്ചു പഠിച്ചതും ഈ പണ്ഡിതന്മാര് പണ്ഡിതന്മാരായിട്ടുള്ളവരൊക്കെ പറഞ്ഞു എന്ത് ലോകത്തിനുപകാരം ലോകസേവ എന്ത് ഭഗവാന് പൂജ ഒക്കെ മായയല്ലേ ഓ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് അദ്വൈതം വേണ്ട ഇവർക്കൊക്കെ ഈ അദ്വൈതം പിടികിട്ടാത്തതോ അല്ലെങ്കിൽ ആ വഴി നമുക്ക് ശരിയല്ലാന്ന് തോന്നാൻ കാരണം ഇവരൊക്കെ പണ്ഡിതന്മാരുടെ അടുത്തുപോയി പഠിച്ചു യഥാർത്ഥത്തിൽ അദ്വൈതികൾക്ക് വിശിഷ്ടാദ്വൈതത്തിനോടോ ദ്വൈതത്തിനോടോ യാതൊരു സമ്പ്രദായത്തിനോടും വിരോധമില്ല ഗൌഡപാദാചാര്യർ പറഞ്ഞു പറഞ്ഞു സ്വസിദ്ധാന്തവ്യവസ്ഥാസുദ്വൈത്തിനോ നിശ്ചിത ദൃഢം പരസ്പരം വിരുദ്ധ്യന്റെ തൈരയം വിരുദ്ധ്യത്തെ നന്ദി ഓരോരുത്തരെ അവരവരുടെ സിദ്ധാന്തം നിശ്ചയിച്ചിട്ട് ഇതുമാത്രമാണ് സത്യം എന്ന് പറഞ്ഞു പരസ്പരം ഷണ്ട കൂടുന്നു ഞങ്ങൾക്ക് ആരോട് ഷണ്ടയില്ല ഈ ഷണ്ടയൊക്കെ വരാൻ കാരണം ബുദ്ധിയുടെ മണ്ഡലത്തിൽ നിന്നും സത്യത്തിനെ നോക്കുന്നത് കൊണ്ടാണ് അനുഭവത്തിന്റെ മണ്ഡലത്തിൽ ശ്രണ്ടയെ ഉണ്ടാവില്ല വ്യവഹാര ഭേദമേ ഉണ്ടാവില്ല അനുഭവത്തിൽ ഒക്കെ തുല്യമാണ് അപ്പോ ഇവിടെ അനുഭവത്തിനെ ശ്രദ്ധിക്കാതെ അനുഭവം എന്താണ് എല്ലാവർക്കും അനുഭവമുണ്ട് ഞാനുണ്ട് നമുക്ക് ഉറപ്പുള്ള ഒരേ ഒരു കാര്യം അതാണ് ഈശ്വരൻ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ആദ്യമൊക്കെ അനുഭവം വരുന്നതിന് മുമ്പ് ആ വിശ്വാസത്തിൽ നമ്മളെക്കാളും ബുദ്ധിയുള്ള ഒരാൾ ചിലപ്പോൾ കുഴപ്പമുണ്ടാക്കിയാൽ വിശ്വാസം തകരാറായിട്ടപ്പോ ലോകത്തിനെക്കുറിച്ച് പല വിശ്വാസങ്ങൾ ഒരു കാലത്ത് ഭൂമി പരന്നതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അന്ന് ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് വിഷം കൊടുത്തു ഇപ്പോഴും പല സയന്റിഫിക്കായിട്ടുള്ള പല ഡിസ്കവറീസും ഇൻവെൻഷൻസും ഓരോരാൾ വരുമ്പോഴും മാറ്റിക്കൊണ്ടിരിക്കണം ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല ചന്ദ്രനിലേക്ക് പോയി എന്നാണ് നമ്മൾ ഇത്ര കാലം കേട്ടിട്ടുള്ളത് ഈയിടെ ജപ്പാൻകാർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അമേരിക്ക ചന്ദ്രനിലേക്ക് പോയിട്ടേ വെറുതെ കള്ളം പറഞ്ഞതാണ് രണ്ടായിരത്തി ആറിനകം ഞങ്ങളത് വി ആർ ഗോയിങ് ടു പ്രൂവ് ഇറ്റ് പോയിട്ടേ പറഞ്ഞു തുടങ്ങിയിരിക്കണോ അത്രേ ഒരു സയന്റിസ്റ്റ് എന്നോട് പറഞ്ഞു അപ്പോ എന്തിനെ വിശ്വസിക്കും നമ്മള് അപ്പോ ഇവിടെ ഇതൊക്കെ മാറി മാറി വരും പക്ഷെ നമുക്ക് ഒരേ ഒരു കാര്യം ഉറപ്പുണ്ട് ഉറപ്പുള്ള ഒരൊറ്റ കാര്യമെന്താ ഞാനുണ്ട് എന്നുള്ള അതിൽ മാത്രം ആർക്ക് നിഷേധിക്കാൻ പറ്റില്ല അല്ലേ ശരി ഞാനുണ്ടല്ലോ ഈ ഞാൻ എന്താണെന്ന് ഇവന്റെ സ്വരൂപം എന്താണ് ഈ ശിഷ്യൻ ഞാനുണ്ട് എന്ന് പറഞ്ഞു ഈ ഞാൻ എന്താണ് കസ്തുവം എന്ന് ചോദിച്ചപ്പോ അവിടെ ദേഹാനുഭവമില്ലാതെ കുറച്ചു നേരം ഞാൻ എന്താണ് എന്ന അന്വേഷണത്തിൽ രമിച്ചു നിന്നു ഈ ശിഷ്യൻ ആ ശിഷ്യൻ ഒരുവിധം തെളിഞ്ഞു ഹൃദയത്തില് ആചാര്യസ്വാമികളെ വന്ന് നമസ്കരിച്ചു പറഞ്ഞു എന്നെ നല്ലവണ്ണം ഉപദേശിച്ച് അനുഗ്രഹിക്കും എനിക്ക് വസ്തു അല്പമൊന്ന് തെളിഞ്ഞു കിട്ടി അത് എനിക്ക് മനനം ചെയ്ത് തെളിയാനായിക്കൊണ്ട് അങ്ങ് എനിക്ക് തത്വോപദേശം ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ആറ് ശ്ലോകം എഴുതിക്കൊടുത്തു ഇതിനെ മനനം ചെയ്യാം ഇത് നല്ലവണ്ണം വിചാരം ചെയ്യാം വിചാരം ചെയ്താൽ അങ്ങേക്ക് അൽപ്പം തെളിഞ്ഞിട്ടുള്ളത് നല്ലവണ്ണം തെളിയും മനോബുദ്ധി അഹങ്കാരചിത്താഹം നോത്രജിഹേ നാണനേത്രേ ന്യോമഭൂമി നേജോനവായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം മനസ്സ് ബുദ്ധി അഹങ്കാരം മനോബുദ്ധി അഹങ്കാര ചിത്താനി ചിത്തം മനസ്സ് മനസ്സ് എന്ന് വെച്ചാൽ എന്താ നമുക്കൊക്കെ മനസ്സിനെ നിയന്ത്രിക്കണം മനസ്സിനെ ഭഗവാന്റെ അടുത്ത് അയക്കണം മനസ്സ് പറഞ്ഞാൽ കേൾക്കണില്ല അല്ലെ ഈ മനസ്സ് എന്താ ആലോചിച്ചു നോക്കിയാൽ ഒരു അനിർവചനീയ ശക്തി പറയാൻ വയ്യ അല്ലെ വിചാരങ്ങളുടെ കൂട്ടം ചിത്തവൃത്തികളാണ് മനസ്സ് വിചാരങ്ങളെ മാറ്റി നിർത്തിയാൽ മനസ്സ് എന്ന് പറഞ്ഞൊന്നില്ല മനസ്സിന്റെ സ്വഭാവം എന്താ സങ്കൽപ്പിക്കുക വികൽപ്പിക്കുക ഇതാണ് മനസ്സിന്റെ സ്വഭാവം വിക്ഷേപം ലയം മുഖ്യമായ രണ്ട് സ്വഭാവം ഒന്നിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കും ചിന്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലോ ലയിച്ചുപോകും ഉറങ്ങിപ്പോവും ഒന്നിൽ ചിന്തിക്കും ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഉറങ്ങിപ്പോവും മനസ്സ് ചിന്തിക്കുന്ന അവസ്ഥകളാണ് ജാഗ്രതവും സ്വപ്നവും മനസ്സ് ലയിക്കുന്ന അവസ്ഥയാണ് ഉറക്കം അപ്പൊ ഈ മനം മനസ് എന്ന് പറയുന്നത് സങ്കല്പവികൽപ്പാത്മകം ബുദ്ധി അതിന്റെ ഉള്ളില് മനസ്സിൽ വരുന്ന ചീത്ത നല്ല വിചാരങ്ങൾ ഇത് ചിന്തിക്കാമോ ഇത് ചിന്തിക്കാൻ പാടില്ല സത്സംഗത്തിന് വരുന്നു ഞാൻ ഉറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത് ബുദ്ധി അതിന് പുറകിലൊരു ആളുണ്ട് ഒരു നായ കടിക്കാൻ വരുന്നു എന്ന് വെച്ചാൽ ദൂരത്തുനിന്ന് എന്തോ വരുന്നു കണ്ണിലൂടെ ആ ചിത്രം കടന്ന് ഉള്ളിൽ വരും മനസ്സിൽ വരും മനസ്സ് പറയുന്നു നായ വരുന്നു ബുദ്ധി പറയുന്നു നായ വരുന്നു അഹങ്കാരോടനെ എന്തു പറയും എന്നെ കടിക്കാൻ വരുന്നു ഞാൻ കേൾക്കുന്നു മനസ്സിന്റെയും ബുദ്ധിയുടെയും വേരാണ് ഈ അഹങ്കാരം അഹങ്കാരം അഹങ്കാരത്തിന് പുറകിൽ ചിത്തം ചിത്തം എന്ന് വെച്ചാൽ ഈ അഹങ്കാരമടക്കമുള്ള മനസ്സ് ഉദിക്കുന്ന സ്ഥാനം ഏതോ അതാണ് ചിത്തം സങ്കൽപ്പം വികൽപ്പവും ഓരോ കാലത്തിനനുസരിച്ച് ഉള്ളിൽ പൊന്തുന്നുവല്ലോ ഇതൊക്കെ ചിത്തത്തിന് പൊന്നു അഹങ്കാരവും പൊന്തുന്നു ബുദ്ധിയും പൊന്തുന്നു രാത്രി ഉറക്കത്തിൽ എന്തുണ്ട് മനസ്സ് ബുദ്ധി അഹങ്കാരമില്ല ചിത്തമുണ്ട് ചിത്തം സ്വരൂപത്തിനെ മറച്ച് ആവരണമായിട്ട് നിൽക്കുന്നു ചിത്തം ഇപ്പോ ഈ ശിഷ്യനെ ഉപദേശിക്കാനായിട്ട് നമുക്ക് ഇപ്പൊ ഞാൻ എന്നെ അറിയണം എന്റെ യഥാർത്ഥ സ്വരൂപം കണ്ടെത്തണം അതാണ് ആത്മസാക്ഷാത്കാരം അതിന് ധ്യാനിക്കണം എങ്ങനെ ധ്യാനിക്കും അതിനാണ് ഈ ആറ് ശ്ലോകം അതിൽ ആദ്യത്തെ ശ്ലോകം മാത്രം മതി ആദ്യത്തെ ശ്ലോകം നിഷേധാത്മകമാണ് ആദ്യം മനസ്സ് ഞാനല്ല ബുദ്ധി ഞാനല്ല അഹങ്കാരം ഞാനല്ല ഇതൊക്കെ തള്ളിക്കളഞ്ഞാൽ ഒരു ഇരുട്ട് വരുന്നു വിക്ഷേപം ഒരു ഇരുൾ ചിലരൊക്കെ പറയും ധ്യാനിക്കാനിരിക്കുമ്പോ ദേഹം ഞാനല്ല മനസ്സ് ഞാനല്ല അഹങ്കാരം ഞാനല്ല തള്ളിക്കളഞ്ഞാൽ ഒന്നും കാണുന്നില്ല ഒരേ ഇരുട്ട് ആ ഇരുട്ടിന് പേരാണ് ചിത്തം ആ ഇരുട്ട് എവിടുന്ന് വന്നു വെച്ചാൽ വാസനയുടെ പടലമാണ് നമ്മളുടെ ഉള്ളിലുള്ള അനേകം വാസനകൾ ഇനി അനുഭവിക്കാൻ പലതുകൊണ്ട് അനുഭവിക്കാനുള്ള അർജസ്സും ഡിസൈസും ഒക്കെ അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു കറുത്ത പടലമാണ് ഈ ചിത്രം അത് ഉറക്ക രൂപത്തിൽ നമ്മളിൽ ആവിർഭവിക്കും അവിദ്യ എന്നും അതിന് പറയാം ഇതൊക്കെ തള്ളിക്കളയുമ്പോൾ ഈ അവിദ്യ ഉള്ളിൽ നമുക്ക് തോന്നും അതാണ് ഇരുട്ട് കിടക്കണം എന്നാണ് വൈകുണ്ഠത്തിലെത്തുന്നതിന് മുമ്പ് ഭാഗവതത്തിൽ അർജുനനെ കൃഷ്ണൻ കൂട്ടിക്കൊണ്ടുപോകുന്നു വൈകുണ്ഠത്തിലേക്ക് സന്താന ഗോപാലത്ത് വൈകുണ്ഠത്തിലെത്തുന്നതിന് മുമ്പ് ഒരു വലിയ ഇരുണ്ട പ്രദേശം ആ ഇരുണ്ട പ്രദേശത്തിൽ ഭഗവാൻ സുദർശനം കൊണ്ട് പ്രകാശമുണ്ടാക്കി കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് ആ ഇരുണ്ട പ്രദേശം നമ്മളും കാണും വൈകുണ്ഠത്തിലെത്തുന്നതിന് മുമ്പ് വൈകുണ്ഠം എവിടെ ഉണ്ട് എന്നിൽ തന്നെ ഉണ്ട് എന്നിൽ എന്റെ സ്വരൂപമായിട്ടുണ്ട് വൈകുണ്ഠം അത് എന്നെ യഥാർത്ഥത്തിൽ എന്റെ ഉള്ളിൽ എന്റെ സ്വരൂപത്തിനെ കണ്ടെത്തുന്നതിന് മുമ്പ് ഒരു ഇരുട്ടിന്റെ മറ ആ മറയെ സുദർശനം നല്ല ദർശനം കൊണ്ട് ജ്ഞാന തെളിച്ചം കൊണ്ട് നീക്കിയാൽ യഥാർത്ഥ സ്വരൂപം തെളിഞ്ഞു കിട്ടും അപ്പോ അതിന് ആദ്യത്തെ മനസ്സ് ഞാനല്ല ബുദ്ധി ഞാനല്ല അഹങ്കാരം ഞാനല്ല ചിത്തം ഞാനല്ല എന്ന് തള്ളിക്കളയുമ്പോ സ്വയം പ്രകാശിക്കുന്ന ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ഈ ശ്ലോകം ആദ്യം പഠിച്ചു ചൊല്ലിയാൽ തന്നെ ഒരു സുഖം ഞാൻ ഈ ദേഹമല്ല മനസ്സല്ല മനസ്സിൽ അനേക വിചാരങ്ങൾ വരുമ്പോഴൊക്കെ ഇതിങ്ങനെ മന്ത്രം പോലെ ആദ്യം പറയാം മനസ്സ് ഞാനല്ല ബുദ്ധിയുടെ വൃത്തികളൊന്നും ഞാനല്ല അഹങ്കാരം ഉദിക്കും അസ്തമിച്ചാൽ ഞാനല്ല ഇതൊക്കെ തള്ളിക്കളഞ്ഞ് വരുന്ന ഇരുട്ടും ഞാനല്ല എല്ലാറ്റിനും അപ്പുറമുള്ള ചിദാനന്ദരൂപമായ ശുദ്ധശിവം പ്രജ്ഞ ബ്രഹ്മമാണ് ഞാൻ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിത് ആനന്ദ സ്വരൂപമായ ശുദ്ധശിവം ആണ് ഞാൻ അതാണ് എന്റെ യഥാർത്ഥ സ്വരൂപം ഇത് നമുക്ക് മനനം ചെയ്യാനായിട്ടാണ് ഈ ശ്ലോകം ധ്യാനിക്കാനായിട്ടാണ് ഈ ശ്ലോകം ഈ ശ്ലോകത്തിനെ അഭിമാനവൃത്തിയായിട്ട് എടുക്കാൻ പാടില്ല അഭിമാനവൃത്തി എന്ന് വെച്ചാൽ ഞാൻ ശിവമാണെന്ന് പറയാനല്ല തെറ്റിദ്ധാരണ വന്നോ ഞാൻ എന്താണ് എന്ന് കണ്ടെത്തിയിട്ട് കണ്ടെത്തുന്നതാണ് ചിദാനന്ദരൂപ ബ്രഹ്മത്തിന്റെ ലക്ഷണം എന്താണ് പ്രജ്ഞാനം ബ്രഹ്മ ബ്രഹ്മം ബോധമയമാണ് ചൈതന്യമയമാണ് ചൈതന്യമാണ് ബ്രഹ്മം ശാന്തിയാണ് ബ്രഹ്മം ആ ബ്രഹ്മത്തിനെ എവിടെ അന്വേഷിക്കും ഞാനീ പറയുമ്പോൾ വീണ്ടും വീണ്ടും ഒരു കാര്യം പറയാം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കരുത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ബുദ്ധിമുട്ടായിപ്പോവും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒന്നിൽ തെറ്റിദ്ധരിക്കും അല്ലെങ്കിൽ ഉറങ്ങും ഈ രണ്ടു കാര്യമേ നിങ്ങളെ കൊണ്ട് സാധിക്കുള്ളൂ അത് സ്വയമേവ തെളിയട്ടെ സ്വയമേവ തെളിയട്ടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ദർ ഈസ് എവറി ചാൻസ് ദാറ്റ് യു വിൽ ഓൺലി മിസ് അണ്ടർസ്റ്റാൻഡ് ഓർ യു വിൽ ഗോ ടു സ്ലീപ്പ് ഈ രണ്ടു കാര്യമേ അറിയുള്ളൂ മനസ്സിന് ഒരിക്കലും സത്യത്തിനെ പിടിക്കാൻ സാധ്യമല്ല മനസ്സുകൊണ്ട് പിടിക്കുന്നതൊക്കെ കള്ളമയാവുള്ളൂ മനസ്സിന് കള്ളമയം മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ വേദാന്തം ബ്രഹ്മത്തിനെ അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒന്നിൽ തെറ്റിദ്ധരിക്കും അല്ലെങ്കിൽ ഉറങ്ങും മനസ്സിനെ കടന്നിട്ട് ഒരു തെളിച്ചം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം അത് നമ്മൾ വലിയ വിഷമമൊന്നും കൂടാതെ ശ്രമിക്കുക കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ യു വിൽ സ്ലോലി ട്രാൻസെൻഡ് ദ മൈൻഡ് യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ത്രൂ ദ മൈൻഡ് യു വിൽ സ്ലോലി ട്രാൻസെൻഡ് ദ മൈൻഡ് ആൻഡ് സി ദ ട്രൂത്ത് ഇൻ യുവർ നിങ്ങളിൽ അതിനെ കാണും അല്ലാതെ അറിയല്ല ചെയ്യാം നിങ്ങളിൽ അതിനെ കാണും അറിവേ സ്വരൂപമായി ജ്ഞപ്തിയെ സ്വരൂപമായി എന്നിൽ ഞാനായിട്ട് അതിനെ നമ്മൾ തെളിഞ്ഞു കാണും ബോധചക്ഷസ് കാണും അപ്പോ മുക്തി നേടേണ്ടതല്ല മുക്തി സിദ്ധമാണെന്നറിയും നേടേണ്ടതാണെങ്കിൽ പോയി പോവും വരുന്നതൊക്കെ നഷ്ടമായി പോവും അപ്പിയറാവുന്നതൊക്കെ ഡിസപ്പിയറാവും പ്രത്യക്ഷപ്പെടുന്നതൊക്കെ മറഞ്ഞു പോവും അപ്പോ നമുക്ക് ഒരു പ്രത്യക്ഷപ്പെടലോ മറഞ്ഞു പോവാലോ അല്ല വേണ്ടത് നമുക്ക് സിദ്ധമായിട്ടുള്ള സത്യം നമുക്ക് കിട്ടണം നമുക്ക് തെളിഞ്ഞു കിട്ടണം ഉള്ളിലുള്ള മറ നീങ്ങി തെളിയണം ആ തെളിച്ചത്തിന് വേണ്ടിയിട്ടാണ് ശ്രവണം വേദാന്ത ശ്രവണം എന്ന് പറയുന്നത് അപ്പൊ ഈ ശ്രവണത്തിന് വരുമ്പോ യു ഷുഡ് കം പ്രിപ്പയർഡ് ആദ്യം തന്നെ തീരുമാനിക്കണം വളരെ ലൈറ്റായിട്ട് ഇരിക്കാനായിട്ട് രാവിലത്തെ ക്ലാസ്സിന് പ്രത്യേകിച്ച് രണ്ട് രാത്രി സുഖമായിട്ട് ഉറങ്ങിയിട്ട് വരണം പന്ത്രണ്ട് ഒരു മണിവരെ ടി വി ഒന്നും കാണാൻ പാടില്ല സുഖമായി ഉറങ്ങിയിട്ട് ഷുഡ് ഹാവ് ഡീപ്പ് സ്ലീപ്പ് ആയുർവേദം പറയുന്നു ബ്രാഹ്മയെ മുഹൂർത്തേ ഉത്തായ ബ്രാഹ്മ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ആചാര്യൻ പറയണത് കഴിച്ച ആഹാരം ജീർണ്ണിച്ചിട്ടില്ലെങ്കിൽ എഴുന്നേറ്റാൽ ഉറക്കം വരും ഉറക്കം എന്താണ് ബോഡി പറയാണ് ഐ ആം നോട്ട് റെഡി ശരീരം പറയാണ് നമ്മളുടെ പുറമേക്കുള്ള ദേഹം ഉറങ്ങി പക്ഷേ ഉള്ളിലുള്ള ഓർഗാനിസംസ് ഒക്കെ രാത്രി രണ്ടു മണിവരെ ജോലി ചെയ്തിട്ടുണ്ടേ അവർ പറയാം എനിക്ക് എണീക്കാനായിട്ടില്ലാന്ന് പറയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ശരീരത്തിനൊരു സിസ്റ്റമാണ് ഒന്നിൽ രാത്രി ആഹാരം കഴിക്കാൻ പറ്റില്ല വളരെ ലൈറ്റായിട്ട് വെല്ലുന്ന് കഴിച്ചാൽ നമുക്ക് രാവിലെ നല്ല തെളിച്ചമുണ്ടാക്കും ശരീരത്തിന്റെ സ്വഭാവമാണത് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയില്ല പക്ഷെ ദിസ് സ്ലീപ്പ് എലമെന്റ് ഈസ് ഓൾവെയ്സ് ഡെയർ നമ്മള് രാത്രി ഉറങ്ങി എണീറ്റ് പലരും പറയും രാവിലെ ഉറക്കം പോയതിന്റെ ലക്ഷണം എന്താന്ന് വെച്ചാൽ ഉറക്കം വരാൻ പാടില്ല അതാണ് പോയതിന്റെ ലക്ഷണം ഉറക്കം വരുന്നു അതുകൊണ്ട് ഞാൻ എന്തോ പ്രവൃത്തി ചെയ്തിട്ട് അതിനെ ഉറക്കത്തിനെ നീക്കുകയാണെന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നത് നമ്മൾ എന്ന് വെച്ചാൽ ഈ ഉറക്കം എന്നുള്ള എലമെന്റ് ഉള്ളിലുണ്ട് നമ്മൾ പ്രവൃത്തി കൊണ്ട് അതിനെ തള്ളുകയാണ് അപ്പൊ എന്താവും ഇതിങ്ങനെ അക്യുമുലേറ്റായി അക്യൂമുലേറ്റഡായിട്ട് പലപ്പോഴും പല മഹാവ്യാധികൾക്കും മൂല കാരണം അക്യൂമുലേറ്റഡ് സ്ലീപ്പാണ് നമ്മൾ എന്ത് ചെയ്യണു ഉറക്കത്തിന് നിരാകരിക്കുന്നു നിരാകരിച്ചിട്ട് നമ്മൾ പ്രവൃത്തി കൊണ്ട് അതിനെ തള്ളി മാറ്റിയാൽ അത് പോകില്ല ദാറ്റ് എലമെന്റ് വിൽ ബി ഓൾവേസ് ഡെയർ ഉള്ളില് അപ്പൊ ശരീരം എന്ത് ചെയ്യും നമ്മളുടെ വിൽ പവറിന് വഴങ്ങിത്തരും അപ്പൊ ഏറ്റവും നല്ലത് എന്താ ആഹാരം കുറച്ചാൽ ഉറക്കം കുറയും ഉറക്കം കുറഞ്ഞാൽ നമ്മളുടെ ബോഡി ലൈറ്റ് ആവും വിൽ ബി വെരി ഫ്രഷ് അപ്പൊ ആ ഫ്രഷ്നെസ് ശ്രവണത്തിന് വളരെ മുഖ്യമാണ് ശ്രവണത്തിന് അപ്പോ ആ ശ്രവണവും നമ്മൾ സ്ട്രെയിൻ ചെയ്യാതെ കേൾക്കണം നിങ്ങൾ മനസ്സിലാവണം എന്ന് നിർബന്ധമേ വേണ്ട മനസ്സിലാവണം എന്ന് ആഗ്രഹിക്കേണ്ട നല്ല കിണർ എങ്ങനെയാന്ന് വെച്ചാൽ മഴ പെയ്താൽ എടവ മാസം മഴ തുടങ്ങിയാൽ എടവം മിഥുനം കർക്കിടകം ചിങ്ങമാസം ഒക്കെ എത്തിയാലും കിണർ നിറയില്ല നല്ല കിണർ ചില കിണറുകളുണ്ട് പെട്ടെന്ന് നിറയും പെട്ടെന്ന് വെള്ളം ചവിട്ട് പോവും നല്ല കിണറാണെങ്കിൽ കർക്കിടകമാസം കഴിഞ്ഞാലും നിറയില്ല മഴ നല്ലവണ്ണം പെയ്ത് ഭൂമിയിൽ വെള്ളം കുടിച്ചിട്ട് ഒരു തുലാമാസമാകുമ്പോൾ ഊറ്റുവരും ഉള്ളുന്ന് എന്നിട്ടേ വെള്ളം പൊന്ത അതുപോലെയാണ് വേദാന്ത ശ്രവണം ആദ്യമേ മനസ്സിലായി മനസ്സിലായി പറഞ്ഞു യു ഹാവ് അണ്ടർസ്റ്റുഡ് വിത്ത് യുവർ ബ്രെയിൻ ഇറ്റ് വിൽ സ്ലോലി ഗോ ഡിസപ്പിയർ ബുദ്ധി കൊണ്ട് പിടിച്ചെടുത്തതാണ് അതെന്താവും നമ്മൾ എഴുതിയെടുക്കും വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കും മെമ്മറിയുടെ പ്ലെയിനിൽ വെച്ചുകൊണ്ടിരിക്കും അത് ശരിയായ അണ്ടർസ്റ്റാൻഡിംഗ് അല്ല നമ്മൾ കേൾക്കുന്നു ശ്രദ്ധയോടെ ശാന്തിയോടെ കേൾക്കുമ്പോ ഉള്ളിൽ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണം എന്താ ഈ വേദാന്തം എന്ന് വെച്ചാൽ നല്ല ശാന്തി ഒന്നും മനസ്സിലായില്ല പക്ഷെ നല്ല ശാന്തി ഉണ്ടെങ്കിൽ സന്തോഷമായിട്ട് പോവുക ശാന്തി ആ ശാന്തിയും കൊണ്ട് നമ്മൾ പോകുന്നത് ഈ മഴ പെയ്യുന്ന നല്ല കിണറില് മഴ പോലെയാണ് തണുത്തുകൊണ്ടേ ഇരിക്കും പക്ഷെ നിറയില്ല കിണർ നിറയില്ല ഒന്നും നമുക്ക് സർഫസ് പ്ലെയിനിൽ കിട്ടില്ല ഇതിങ്ങനെ ഉള്ളിൽ പോയി പോയി പോയി പോയി അടിഞ്ഞിട്ട് തുലാമാസമാവുമ്പോൾ ഊറ്റു വരുന്ന പോലെ അവസാനം ഈ കേട്ട വാക്കുകളൊന്നും വരില്ല നിങ്ങളുടേതായിട്ട് ഈ വസ്തു ഉള്ളിൽ നിന്നും തെളിഞ്ഞു പൊന്തു ഞാൻ പറഞ്ഞ പോലെയൊന്നുമല്ല പക്ഷെ നിങ്ങളുടേതായിട്ട് നിങ്ങളുടെ സ്വാനുഭവമായിട്ട് ഇത് ഉള്ളു ഊറ്റുവരും ആ ഊറ്റിന് കാത്തിരിക്കുകയാണ് ഇത് ദിവസം നമുക്ക് മുഖ്യമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇനി വരുന്ന ഈ ആറ് ദിവസം നമുക്ക് ഇത് സ്വാനുഭവമായിട്ട് തീരും ഓരോരിക്കലും നമുക്ക് സ്വാനുഭവമായിട്ട് തീരും ഇത് ആർക്കും സാധ്യമാണ് ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാവും വലിയ വലിയ ബുദ്ധിശാലികൾക്ക് പോലും മനസ്സിലാവും മനസ്സിലാവില്ല ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാവും കാരണം എല്ലാവരിലും ഉള്ള വസ്തുവാണ് നമ്മളിവിടെ പറയാൻ പോണത് എല്ലാവരിലും ഉണ്ട് എല്ലാവർക്കും ഞാനുണ്ട് എന്നുള്ള അനുഭവമുണ്ട് എല്ലാവർക്കും തിരുവനന്തപുരത്ത് ഒരു സ്കൂളില് ഇത് പറഞ്ഞിട്ട് കുട്ടികൾ രണ്ടു മൂന്ന് പേര് വന്നു ചോദിച്ചു അത്ര സിമ്പിൾ ആണോ വി ഹയസ്റ്റ് ട്രൂത്ത് എന്ന് പറയണത് ഇസ് ഇറ്റ് സോ സിമ്പിൾ ഇറ്റ്സ് ഇറ്റ് സോ ഡയറക്ട് ഇത് സാധ്യമാണോ ഞങ്ങൾക്കൊക്കെ എന്നാണ് ചെറിയ കുട്ടികളാ അവർക്ക് വിശ്വാസം കിട്ടുമ്പോ തന്നെ അങ്ങനെ ഒരു ആനന്ദം എല്ലാവരുടെ ഉള്ളിലും ഈ സത്യം ആർക്കറിയാത്തത് ഞാൻ ഞാൻ എന്ന് പറയാത്തതാര എല്ലാരും നിരന്തരം ജപിക്കുന്നു ഒരു മന്ത്രം ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ അല്ലെ ഈ ഞാൻ എന്താണ് ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ് ഞാൻ എന്ന് എങ്ങനെ സ്പന്ദിക്കുന്നു അതിന്റെ ചലനത്തിന്റെ സ്വഭാവം എന്താ ഈ ഞാൻ ദേഹമാണോ മനസ്സാണോ ബുദ്ധിയാണോ അഹങ്കാരമാണോ യഥാർത്ഥ ഞാൻ ആരാണ് ഞാൻ ഞാൻ എന്ന് പറയുന്നതിന്റെ സ്വരൂപം എന്താണ് ഈ അന്വേഷണം ചകഞ്ഞ് ചകഞ്ഞ് ചകഞ്ഞ് ചകഞ്ഞ് ഉള്ളിൽ പോണം അഹം അഹം എന്ന് അരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ല അതേകമാകും അകലും അഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പുരുളും തുടർന്നിടുന്നു അതും ഇതുമല്ല സദർത്ഥമല്ല അഹം സച്ചിതിന്ന് സച്ചിദമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസതി പ്രതിപത്തിയറ്റ് സത് ഓ മൃദുവായു മൃദുവായർ അതുമിത്തമല്ല സദർത്ഥമല്ലഹം സച്ചിദമൃതമെന്നു തെളിഞ്ഞുധീരനായി സദസരിതി പ്രതിപത്തിയത്വ സോ മൃദുവായു മൃദുവായർ അഹമിരുളല്ല ഇരുളാകിൽ അന്ധരായി നാം അഹമഹമെന്നറിഞ്ഞിടാതിരുന്നിടേണം ഞങ്ങളൊക്കെ ഇരുട്ടിലാണെന്ന് നാളുകൾ പറയും അന്ധകാരം അജ്ഞാന അന്ധകാരം ആരും ഇരുട്ടിലല്ല എന്നാണ് നാരായണ ഗുരുസ്വാമിയുടെ ആത്മോപദേശ ശതകം ഇതിലദ്ദേഹം പറയുന്നു ആരും ഇരുട്ടിലല്ല അഹമിരുളല്ല ഞാൻ എന്നുള്ള അനുഭവം ഇരുട്ടേ അല്ല കാരണം എന്താ അതൊന്നു മാത്രം എല്ലാവർക്കും എപ്പോഴും അറിയണു ഞാനുണ്ട് അഹമിരുളല്ല ിൽ അന്ധരായി നാം അഹമഹമെന്ന് അറിഞ്ഞിടാതിരുന്നിടേണം ലോകത്തിലാരും ഞാനില്ല എന്ന് ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല എല്ലാവർക്കും ഞാനുണ്ട് എന്നുള്ള അനുഭവം ഉള്ളതുകൊണ്ട് അത് പ്രകാശമാനം അത് സ്വയം ജ്യോതി സ്വയം പ്രകാശം സെൽഫ് ഇഫൾജന്റ് റിയാലിറ്റി വിച്ച് കൻ നെവർ ബീറ്റ് ഇൻ ഐറ്റ് വിച്ച് ഇസ് എവർ എക്സിസ്റ്റന്റ് ഇറ്റേണൽ എലമെന്റ് ഇൻ ഈച്ച് ആൻഡ് എവറി അത് പതുക്കെ പതുക്കെ പതുക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നു അറ്റൻഷൻ ശ്രദ്ധ അതാണ് ജ്ഞാനത്തിന് സാധനയല്ല ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ഭഗവാൻ ഗീതയിൽ സാധനാവാൻ ലഭതേ ജ്ഞാനം എന്നെല്ലാം പറഞ്ഞ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ഒരു പരമസദ്ഗുരു എന്തു ചെയ്യുന്നു ശ്രദ്ധ കൊടുത്തിരിക്കൂ എന്ന് പറയുന്നു അത്രയുള്ളൂ വസ്തു കിട്ടി കുറച്ചു നേരം മുമ്പില്ലാത്തത് ഇപ്പോ ഉണ്ടായി എങ്ങനെ ഉണ്ടായി അതുകൊണ്ടാണ് ഭക്തന്മാർ പറയണത് ഒന്നും ഞാൻ ചെയ്തില്ല എങ്ങനെ കിട്ടിയെന്നാണ് കൃപ അരുൾ അരുൾ കൃപ കൃപ എന്ന് പറയാൻ കാരണം എന്താ പെട്ടെന്ന് ഈ ശ്രദ്ധ ഉദിച്ചു ശ്രദ്ധ ഉദിച്ചപ്പോ ഉള്ളില് സത്യം പ്രകാശിച്ചു എന്നാണ് ഈ അനുഗ്രഹം നമുക്ക് എപ്പോ ഉണ്ടാവുമെന്ന് പറയാൻ വയ്യ നമ്മളുടെ ഉള്ളിലുള്ള ഗുരു പ്രസന്നനാവണം നമ്മളുടെ ഉള്ളിലുള്ള ഗുരു നമ്മളെ ബോധിപ്പിക്കും നമ്മൾ കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുന്നു കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ആയിരിക്കും നമ്മളുടെ ഉള്ളിൽ കൊളുത്തിപ്പിടിക്കുക നമ്മളുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ആയിരിക്കും അത് ജ്വലിക്കാം ആ ജ്വലിക്കാനുള്ള ദിവ്യ നമ്മൾ കാത്തിരിക്കുക ആ ശ്രദ്ധ അതിൽ പതിഞ്ഞാൽ പിന്നീട് നമുക്ക് വിഷമല്ല പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ അത് തെളിഞ്ഞു വരും തനിയെ തെളിഞ്ഞു വരും ഉള്ളിൽ അപ്പോ ഒരു സംശയവും യാതൊരു സംശയവും നമുക്കുണ്ടാവില്ല സംശയങ്ങളൊക്കെ അസ്തമിക്കും ശാന്തി സ്വതസിദ്ധമാകും സഹജമാവും വ്യവഹാരത്തിൽ എന്ത് തന്നെ വന്നാലും എത്രയൊക്കെ തന്നെ വിഷമങ്ങളൊക്കെ വന്നാലും നമ്മളുടെ കേന്ദ്രസ്ഥാനത്തിൽ ഒരു ശാന്തി ഉണ്ടാവും പുറമേക്ക് എന്തൊക്കെ തന്നെ ചലനങ്ങളുണ്ടെങ്കിൽ പോലും നമ്മളുടെ കേന്ദ്രത്തിലെ സെന്ററിൽ വിൽ ബി എവേർ പീസ്ഫുൾ ആ ശാന്തി നമുക്ക് അനുഭവമായി സിദ്ധിക്കും അനുഭവമാണ് ഈ ആറ് ശ്ലോകങ്ങളിലായിട്ട് ആദിശങ്കര ഭഗവത്പാദരൻ നമുക്ക് തന്നിരിക്കുന്നത് അത് നമ്മള് നാളെ കാണാം യഥോ മമാത്മാവസിത്വമേവ തതോ നാച്യം മമക്കിഞ്ചിതീം യഥാ തവേഷ്ടം കുരുമാം തഥൈവ ം ആത്മനാഥം രമണം ം ശാതി ശാതി ഹരി ഓ